മൂസ അലി ഹിസ്ലാം നമ്മുടെ നിശ്ചിത സമയത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു എൻറെ രക്ഷിതാവേ ഞാൻ അങ്ങേ കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങയെ എനിക്ക് കാണിച്ചു തരണമേ വഹുസുബാനഹൂവത്ത ആല പറഞ്ഞു നീ എന്നെ കാണുകയില്ല എന്നാൽ നീ ആ മലയിലേക്ക് നോക്കുക അതതിൻറെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നീ എന്നെ കാണും അദ്ദേഹത്തിന്റെ രക്ഷിതാവ് മലയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് തകർന്നുപോയി മൂസ അലിഹിസ്സലാം ബോധരഹിതനായി വീണു അദ്ദേഹം ബോധം തിരിച്ചു പറഞ്ഞു അങ്ങ് പരിശുദ്ധനാണ് ഞാൻ അങ്ങയിലേക്കും അടങ്ങി വന്നു വിശ്വാസികളിൽ ആദ്യത്തെയാൾ ഞാനാണ്